അള്ളാഹു സുബഹാനഹുവച്ച ആലായുടെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ അവർക്ക് വിനീതനായത് നിങ്ങൾ കർക്കശക്കാരനും ഹൃദയകാഠിന്യമുള്ളവരുമായിരുന്നെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകുമായിരുന്നു അതിനാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക അവർക്കായി പാപമോചനം തേടുക കാര്യങ്ങളിൽ അവരുമായി കൂടിയാലോചിക്കുകയും ചെയ്യുക പിന്നീട് നിങ്ങളൊരു തീരുമാനമെടുത്താൽ അള്ളാഹു സുബഹാനഹുവച്ച ആലായെ ഭരമേൽപ്പിക്കുക തീർച്ചയായും അള്ളാഹു സുബഹാനഹുവച്ച ആല ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു